പന്ത്രണ്ടാം സർഗത്തിൽ മിക്കവാറും എല്ലാം പറഞ്ഞു കഴിഞ്ഞു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുക ഇനി അടുത്ത പതിമൂന്നാം സർഗത്തിലേക്ക് പോവാം പിന്നെ അത് തന്നെ ആവർത്തിക്കുകയാണ് കുറച്ച് ബാക്കിയുള്ളത് ആവർത്തനമാണ് പിന്നെ എല്ലാം തീർത്തുപോയ രീതിയിലും ഒരുപാട് സമയം പിടിക്കും ഓരോന്നിൻ്റെ ആ പ്രധാന ഭാഗങ്ങൾ മനസ്സിലാക്കിപ്പോ പതിമൂന്നാം സർഗം എന്ന് പറയുന്നത് ലക്ഷ്മി വിരക്തിയാണ് വിരക്തി എന്ന് പറയുമ്പോൾ എല്ലാത്തിനോടും വിരക്തി വരണമാണ് ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഐശ്വര്യങ്ങളോട് വിരക്തി ഒരു ആധ്യാത്മിക സാധകൻ അത് ശ്രീരാമവാജ ഇമസ് ഉദാര സംസാരതീർ മുനേ പരിമോഹായ സാൂനം കഥത അത് വിട്ടുപോയതാണ് പ്രിൻഡിംഗ് മിസ്റ്റേക്കാണ് പതിമൂന്നും കഴിഞ്ഞിട്ടില്ലെന്ന് മുന മുനെ അഭിസംബോധന ചെയ്യണം എം ശ്രീഹി ഐശ്വര്യം എന്ന് പറയുന്നത് അസ്വിൻ സംസാര സ്ഥിത ഉദാര പരികൽപ്പിത സംസാരത്തിൽ ഉള്ളതാണ് വളരെ ഉദാരമാണ് വളരെ ഉത്കൃഷ്ടമാണ് എന്നുവെച്ചാൽ സമൂഹത്തിൽ എല്ലാവരും ഐശ്വര്യത്തെ വളരെ ഉത്കൃഷ്ടമായിട്ടാണ് കരുതുന്നത് സ്വീകരിക്കുന്നതും അതും മറ്റ് സർവവും പോലെയും ഒരു പരികൽപ്പന ഉദാരാ പരികൽപിത ഉദാരമായി കൽപ്പിക്കപ്പെട്ടിരിക്കും ഉദാരമെന്ന് വെച്ചാൽ വളരെ ശ്രേഷ്ഠമായി വലുതായി മനുഷ്യൻ കൽപ്പിക്കുന്ന ഒന്നാണ് ഐശ്വര്യം പക്ഷേ അതുമെന്താണ് പരിമോഹായ അതും മനസ്സിനെ മോഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് പക്ഷേ ഐശ്വര്യത്തിൽ പുറകെ പോകുമ്പോൾ പിറകെ പോകുന്നതെന്നുകൊണ്ട് മനുഷ്യനെ അത് ഒരുപാട് മോഹിപ്പിക്കും ഐശ്വര്യം സാബി ന്യൂനം കതർത്ഥത പറയുന്നു തീർച്ചയായും ഈശ്വര്യവും സ്ത്രീയും തീർച്ചയായും കതർത്ഥത കുത്സിതമായ അർത്ഥത്തെ വളരെ മോശമായ സാധ്യങ്ങളെ നൽകുന്നവയാണ് ഫലങ്ങൾ പ്രയോജനങ്ങൾ ഐശ്വര്യം അങ്ങനെ മോശമായ പലതും നൽകും അതുകൊണ്ട് രാമനാഥനും വിരക്കണം ഐശ്വര്യം എന്ന് പറയുമ്പോൾ പ്രധാനമായി വരുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ധനം പ്രധാനമായിട്ടും പിന്നെ അതും ഐശ്വര്യത്തിൻ്റെ ഭാവമാണ് പിന്നെ ഇത് രണ്ടും കൂടെ ചേർന്ന് ശക്തി പണ്ട് ഇന്നും ഐശ്വര്യമായി കണക്കാക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളാണ് സമ്പത്ത് അധികാരം ശക്തി ഇത് പല മോശമായ കാര്യങ്ങളെയും തരുന്നതാണെന്ന് പറഞ്ഞാൽ പഴയ രീതിയിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെ എഴുതുന്ന ആയിരം കൊല്ലം രാജാക്കന്മാർ ഭരിക്കുന്നതാണ് ആ കാലഘട്ടമാണ് അന്ന് സമ്പത്തിൻ്റെ ഏക അധികാരി എന്ന് പറയുന്ന എന്താണ് രാജാക്കന്മാരാണ് രാജകന്മാരുടെ കയ്യിലാണ് മൂന്നും വരുന്നത് സമ്പത്ത് വരുന്നു ശക്തി വരുന്നു അധികാരം വരുന്നു അപ്പോൾ ഇത് രാജാവിൻ്റെ കയ്യിൽ ഇരിക്കുമോ സ്ഥിരമായിട്ടെല്ലാം ശത്രുരാജ്യം ആക്രമിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പോവും പിന്നെ അവിടെ ബലാബലമനുസരിച്ചിട്ടാണ് ആരുടെ കയ്യിലാണ് സമ്പത്തിരിക്കുന്നു എന്ന് തീരുമാനിക്കുന്നു ബലം കൂടിയവൻ്റെ കീഴിലേക്ക് സമ്പത്വവും ബലം കുറഞ്ഞവനോ കതർത്ഥത മോശമായ പല ബലങ്ങളെയും ഉണ്ടാകും ചിലപ്പോൾ അയാളുടെ ജീവൻ നഷ്ടപ്പെടും അപ്പോൾ ഇതെഴുതുന്ന കാലം എന്ന് പറയുന്നത് പൊതുവെ മനുഷ്യർക്ക് രാഷ്ട്രീയ അസ്ഥിരതയും സാമൂഹ്യ സുരക്ഷയും ഇല്ലാതിരുന്ന ഒരു കാലമാണ് അത്തരം ഒരു കാലഘട്ടത്തിലാണ് രാജഭരണത്തിൻ്റെ ഒരു ദോഷം അതാണ് എപ്പോഴും എന്താണ് ദുർബലനെ ബലമുള്ളവന് ജയിക്കാം അപ്പോൾ അതിന് വേറെ ആർക്കും അതിൽ ഇടപെടാൻ പറ്റത്തില്ല മത്സരിച്ച് മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടേ അപ്പോൾ സ്വാഭാവികമായിട്ടും സാമൂഹ്യ സുരക്ഷയില്ല ജനങ്ങളെ സംബന്ധിച്ച് രാജാവ് ശക്തനാണെങ്കിൽ കുറച്ച് കാലം ജനങ്ങൾ സുരക്ഷിതമായി കഴിയും രാജാവ് ദുർബലനായി പോയി കഴിഞ്ഞാൽ തോർന്നു പൊതുവെ അത് നമ്മുടെ ഒരു രാജ്യത്തെ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ് ആ കാലം എന്ന് പറയും പടയോട്ടങ്ങളുടെ കാലം ലോകം മുഴുവൻ ഇങ്ങനെ പടയോട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഐശ്വര്യം തന്നെ ഒരാളുടെ ജീവിതം നഷ്ടപ്പെടുത്തുകൊണ്ട് ഒന്നിനും ഒന്ന് ഗ്യാരണ്ടിയില്ല ഇന്നത്തെ പോലെ ഇൻഷുറൻസ് സംവിധാനമൊന്നുമില്ല പോയാൽ തിരിച്ചു പിടിക്കാൻ ഒരു സംവിധാനങ്ങളുണ്ട് നേടിയാൽ അത് നഷ്ടപ്പെടുന്നവരെയുള്ള നേട്ടം അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഐശ്വര്യത്തെക്കുറിച്ചുള്ള സങ്കല്പം അതല്ല ഇന്നത്തെ സങ്കല്പം ഇന്നും മനുഷ്യൻ്റെ സമൂഹത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പ്രശ്നരഹിതമായി തീരും ും രോഗമല്ല പക്ഷേ പഴയകാലത്തെ അപേക്ഷിച്ച് സുരക്ഷിതത്വം എന്ന് പറയും നിന്നും മനുഷ്യൻ കൂടുതലാണ് ചിലപ്പോൾ അതിനൊക്കെ വീഴ്ചകൾ വരും എന്തൊരിക്കലും അത് കൂടുതലെന്ന് വെച്ചാൽ അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് അപ്പൊ ഇന്ന് അങ്ങനെ ഐശ്വര്യത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റില്ല രാമനും എടുക്കുന്നില്ല ശരിക്കും ഇങ്ങനെ ഒരു നിലപാട് ആദ്യം പറയുന്നുണ്ടെങ്കിലും ഒരു ആത്മീയ സാധനത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്നുകൊണ്ട് ഐശ്വര്യത്തിനോട് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് രാമൻ സ്വീകരിക്കുന്നതെങ്കിലും മുമ്പോട്ട് ചെല്ലുമ്പോൾ രാമൻ ഇതൊക്കെ സ്വീകരിക്കുകയാണ് ഇവിടെ ആസൃഷ്ട രാമായണത്തിൽ അല്ലാതെ ഐശ്വര്യം നശിച്ചു പോകുന്ന ആണെന്ന് അത് ഉപേക്ഷിച്ചിട്ട് കാട്ടിപ്പോവുകയല്ലേ രാമനെ കൊണ്ട് ഇതൊക്കെ സ്വീകരിപ്പിക്കുകയാണ് ഇവിടെ എന്തിനോടൊക്കെയാണോ രാമന് വിരക്തിയുള്ളൂ രാമൻ പിന്നെ അതിൻ്റെയൊക്കെ യജമാനായി മാറുകയാണ് ചെയ്യും അപ്പൊ പിന്നെ എന്താണ് ഈ വൈരാഗ്യ പ്രസംഗം കൊണ്ട് എന്താ ഒരു പ്രയോജനം ആ ബോധം നല്ലതാണ് ഇതൊക്കെ അസ്ഥിരമാണ് എന്നുള്ള ഒരു ബോധത്തോടുകൂടി ഐശ്വര്യത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ഇന്നടുത്ത് പറയാൻ പോകുന്ന അഹങ്കാരം പോലെയുള്ള ദോഷങ്ങളൊന്നും ആ വ്യക്തിയിൽ ഉണ്ടാകത്തില്ല അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പരിചിന്തനം വിവേകം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗ്രന്ഥത്തിൻ്റെ താല്പര്യം അതാണ് ഇതിനെക്കുറിച്ചൊക്കെ ബോധവാനായിരിക്കുക എന്നുള്ള സമ്പത്ത് എന്ന് പറയുന്നത് അന്നും ഇന്നും അന്നെന്ന് വെച്ചാൽ രാജാക്കന്മാരുടെ കയ്യിലിരിക്കുന്ന സമ്പത്ത് അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ കയ്യിലിരിക്കുന്ന സമ്പത്ത് ഇന്ന് സമ്പത്ത് എന്ന് പറയുന്നത് ഭരണ ഭരിക്കുന്നവരുടെയൊക്കെ കയ്യിലിരിക്കുന്ന സമ്പത്ത് ആ സമ്പത്ത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് അത് നല്ലതാണ് ദോഷമൊന്നുമില്ല അത് ആവശ്യവുമാണ് ജനങ്ങളുടെ പുരോഗതി എന്ന് പറയുന്നത് അങ്ങനെ സമ്പത്ത് കൊണ്ടേ സാധ്യമാവും സമ്പത്തില്ലാതെ സാധിക്കത്തില്ല എവിടെയാണോ പുരോഗതി ഉള്ളത് അവിടെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടും പിന്നെ ഐശ്വര്യം മോശമാണെന്നൊന്ന് പറയാൻ പറ്റും അത് ജനങ്ങളുടെ പ്രാഥമികമായ ആവശ്യത്തിന് വേണ്ടി സമ്പത്ത് ഉപയോഗിക്കാതിരിക്കുക അവിടെയുടെ ദാരിദ്ര്യം ഇന്ത്യയിലൊക്കെ അതുണ്ട് പക്ഷേ അതിൽ നിന്ന് കരകയറാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരാണ് ലോകരാഷ്ട്രങ്ങളല്ല അപ്പൊ ഇന്ന് സമ്പത്ത് എന്ന് പറയുന്നത് അത് എന്താണ് സമ്പത്തിൻ്റെ നിരാകരണമല്ല മറിച്ച് സമ്പത്തിൻ്റെ ശരിയായ വിനിയോഗം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ മനുഷ്യൻ ചിന്തിക്കുന്നത് ഈ പറയുന്ന വൈരാഗ്യത്തിൽ നിന്നും അക്ഷരാർത്ഥത്തിൽ യാതൊരു വേലയിൽ അതിൽ നിന്നും ആരും പരിഗണിക്കുന്നേ അതെങ്ങനെ അതിൻ്റെ വിനിയോഗം നടക്കുന്നു എങ്ങനെ ന്യായമായ മാർഗത്തിൽ സമ്പത്ത് ആർജിക്കുക അത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുക ഇതാണെന്ന് ലോകത്തെ ജനങ്ങളെല്ലാം അടിസ്ഥാനപരമായി സ്വീകരിച്ചിരിക്കുന്ന ഒരു തത്വം അപ്പോൾ മനുഷ്യന് സമ്പത്തില്ലെങ്കിൽ വല്ല പ്രാഥമിക ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റ ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സമ്പത്ത് കൂടിയേ തീരും സമ്പത്തിന് അങ്ങനെ വൈരാഗ്യം എന്ന് പറഞ്ഞ് സമ്പത്തിന് ആർക്കെങ്ങൾ നിരാകരിക്കാൻ പറ്റും സാധിക്കുന്ന കാര്യങ്ങൾ അത് അപ്രസക്തമാണ് അത്തരം രീതിയിലൊരു ചർച്ച പ്രസക്തമേൽ പിന്നെ സമ്പത്തിനെ ആശ്രയിക്കാതിരുന്നു മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് പോകത്തുണ്ട് ആരുടെയും ലോകത്തെ ത്യജിച്ചു എന്ന് അവകാശപ്പെടുന്നവർ ആരും ആരാണ് യോഗികൾ സ്വാമിമാര് അവിടെയൊക്കെ ജീവിതം തന്നെ പ്രധാനമായിട്ടും ജീവിത ലക്ഷ്യം തന്നെ എന്താണ് നല്ല കാര്യത്തിനായിക്കൊള്ളട്ടെ സമ്പത്താർജിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പരിശ്രമിക്കുന്നത് അങ്ങനെയല്ലാതെ അല്ലെങ്കിൽ വെറും അലസന്മാരായിരിക്കും ആരെങ്കിലും സമ്പാദിച്ച് തിന്നുകൊണ്ട് ജീവിക്കുന്നവരായി അങ്ങനെ ഒരു ഭാഗം സ്വയം ആയിരുന്നു ഒരു സ്വയം പരിശ്രമിക്കില്ല ആരെങ്കിലും പരിശ്രമിച്ചത് തിന്നുകൊണ്ട് അലസമായി ജീവിക്കുന്നവരുണ്ട് എന്നിട്ട് ഞങ്ങൾ വിരക്തന്മാരാണെന്നും പറയും വടക്കേന്ത്യനൊക്കെ ചെന്ന ഒരുപാട് പേരെ കാണാം ഞാനും അങ്ങനെ ജീവിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ പാത്രം നോക്കി കിടക്കും എവിടെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കിട്ടുന്നത് എന്നിട്ട് ഇത് വാങ്ങി തിന്നിട്ട് മുറി വന്നിരത്തിട്ട് ഭാവന ഞാൻ വലിയ വിരക്തനാണ് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കും ലൈഫ് വേസ്റ്റ് ആക്കുകയാണ് ആദ്യമൊന്നും ഇത് കൂടി കിട്ടത്തില്ല കുറച്ച് കഴിയുമ്പം മനസ്സിലാവും നമ്മൾ ജീവിതം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് മറ്റുള്ളവരുടെ അധ്വാനം നമ്മൾ തിരുകയാണ് എന്നിട്ട് സ്വയം വിചാരിക്കുന്ന എന്താണ് വിരക്തനാണോ ഭക്ഷണമെന്ന് പറയുന്നത് നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഭാഗമാണ് നമ്മൾ യാചിച്ചു ഭക്ഷിച്ചാലും ശരി അധ്വാനിച്ചു ഭക്ഷിച്ചാലും ശരി രണ്ടായാലും നമ്മുടെ സമ്പാദ്യമാണത് അത് പിന്നെ എങ്ങനെ ഭക്ഷിക്കണമെന്നുള്ളതാണ് യാചിച്ച് ഭക്ഷിക്കണം അതോ അധ്വാനിച്ചു ഭക്ഷിക്കും അപ്പൊ ഈ ഭിക്ഷ അങ്ങനെയുള്ള ജീവിതം ഇപ്പം വളരെ പ്രാകൃതമായ ചിന്തകളാണ് ഇത് പറഞ്ഞ കാലത്ത് അതിനൊക്കെ എന്തെങ്കിലും മൂല്യങ്ങളുണ്ടായിരിക്കും ഇന്നതിന് യാതൊരു മൂല്യം ഉള്ളതല്ല ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ അവനവന്റെ അന്നം അവനവൻ അതുകൊണ്ട് എന്താണ് അങ്ങനെ ഒരു വൈരാഗ്യം കൊണ്ടുള്ള പ്രയോജനം എത്രയുള്ളൂ എന്താണ് ഒരാളുടെ കയ്യിൽ സമ്പത്ത് വന്നു കഴിഞ്ഞാൽ അത് അവൻ്റെ ആവശ്യത്തിനും സമൂഹത്തിന് വേണ്ടി ആ സമ്പത്തിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് അല്ല സമ്പത്ത് ആർജിക്കുന്നതിന് യാതൊരു തെറ്റില്ല എന്ന് മാത്രമല്ല അത് മനുഷ്യൻ്റെ കർത്തവ്യമാണ് സമ്പത്ത് ആർജിക്കുക എന്ന് പറയും അങ്ങനെയാണ് വേണമെന്ന് നമ്മൾ എന്തായാലും ശരി എല്ലാ ഏത് തരത്തിലുള്ള ജീവിതമായാലും ശരി ഇവ ആത്മീയതയൊന്നും ഇല്ലാത്ത കേവല ഭൗതികമായ ജീവിതമായാലും ശരി ആത്മീയമായ ജീവിതമായാലും ശരി സമ്പത്തല്ലാതെ കാര്യം തുടക്കത്തില്ല അതുകൊണ്ടായാലും കാര്യങ്ങൾ മുമ്പോട്ട് പോകും അപ്പോൾ ഒരാൾ സമ്പത്ത് അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് എൻ്റെ അതൊരു നല്ല ആത്മീയ നിലപാടാണ് പക്ഷെ അത് സമ്പത്ത് ആർജിക്കുമ്പോൾ അത് വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ അത് ആർജിക്കുക എന്നുള്ളത് അത് ചെലവഴിക്കുമ്പോൾ സമൂഹത്തിന് ഗുണം വരുന്ന രീതിയിൽ അത് ചെലവഴിക്കുക ഈ രണ്ടു കാര്യങ്ങൾ ആണ് ശ്രദ്ധിക്കേണ്ടത് അനു വരുമ്പോൾ ഈ പറയുന്ന വിരക്തിയൊന്നും നമുക്ക് അക്ഷരാർത്ഥത്തെ എടുക്കാൻ പറ്റും ഇതിനും അവസാനം അത് തന്നെയാണ് എത്തിച്ചേരുന്ന അവിടെ തന്നെ ഇത്രയും വിരക്തി പറയുന്ന രാമനെന്തേ കതർത്ഥത സമ്പത്ത് ഒരുപാട് ദുഷിച്ച ഫലങ്ങളെ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ സമ്പത്ത് ദുഷ്ടഫലത്തെ ഉണ്ടാക്കും ചിന്തിക്കേണ്ടതായി എപ്പോഴാണ് ഉണ്ടാക്കുന്നു സമ്പത്ത് ദുഷ്ചലത്തെ ഉണ്ടാക്കുന്നത് എപ്പോഴാണ് അതിൻ്റെ ദുരുപയോഗത്തിൽ മനസ്സിൻ്റെ കാര്യം വേറെ അത് സമ്പത്തുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നതാണ് അത് നമ്മൾ മനസ്സിനെ എങ്ങനെ പരിപാലിക്കുന്നു മനസ്സിനെ നമ്മുടെ മനസ്സെങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും സമ്പത്ത് ഇവിടെ പറയുന്ന ഈ കതർത്ഥത ദുശ്ചലത്തെ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ ദുരുപയോഗമാണ് സതുപയോഗമാണെങ്കിൽ അതിൽ ഇങ്ങനെ സമ്പത്ത് ദുശ്യബലത്തെ ഉണ്ടാക്കുക പിന്നെ അഹങ്കാരം ഉണ്ടാവുക സമ്പത്ത് ഉണ്ടാവുമ്പോൾ അതിൽ മിതമായി അഭിമാനിക്കുക നഷ്ടപ്പെടുമ്പോൾ സങ്കടപ്പെടുക ഇതൊക്കെ മനസ്സിൻ്റെ പ്രശ്നങ്ങളാണ് അത് മാനസികമായി തന്നെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ് അത് അതിനെ നമുക്ക് ആത്മീയമായ സൈഡ് എന്ന് പറയാം ആത്മീയത എന്ന് പറയുന്നത് എന്താണ് മുഖ്യമായും അത് മനസ്സിൻ്റെ വിഷയങ്ങളാണ് ബാഹ്യമായ പ്രവൃത്തി എന്ന് പറയുന്നത് വ്യവഹാരത്തിൻ്റെ വിഷയമാണ് ആത്മീയത എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലെ നിലനിർത്താൻ പറ്റും മനസ്സിൽ നിലനിർത്തിയാൽ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും അത്രയുള്ളൂ അല്ലാതെ നമ്മുടെ മനസ്സിലൂടെ അല്ലാതെ നമ്മുടെ പ്രവൃത്തിയിൽ ആത്മീയത കൊണ്ടുവരാൻ പറ്റത്തില്ല കാരണം ആത്മീയത ഇല്ലാതെയും മനുഷ്യന് പ്രവർത്തിക്കാം സ്വാർത്ഥമായി ദുരാഗ്രഹമായി ഒക്കെയുള്ള പ്രവൃത്തികൾ മനുഷ്യൻ ചെയ്യുന്നുണ്ടല്ലോ ഹിംസാത്മകമായ പ്രവൃത്തികൾ ആത്മീയതയില്ല അപ്പൊ നമുക്ക് ആത്മീയ കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തിയെ അത് സ്വാധീനിക്കുന്നു അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് മുഖ്യമായും മനസ്സിലാണ് ലോണമായിട്ട് പ്രവൃത്തിയിൽ വരുത്തുന്നത് അത് ഒരു മനോഭാവം മാത്രമാണ് അതുകൊണ്ട് അർത്ഥത്തെ പഴിക്കുന്നതിന് കാര്യങ്ങളുണ്ട് ഐശ്വര്യത്തെ പഴിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല ഐശ്വര്യം എന്ന് പറയുന്നത് വെച്ചാൽ അത് വ്യാവഹാരികമാണ് പ്രവൃത്തി മണ്ഡലത്തിലാണ് ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ സമ്പത്ത് ശക്തി അധികാരങ്ങളെല്ലാം പ്രവൃത്തി മണ്ഡലത്തെ ചുറ്റിപ്പറ്റി അപ്പോൾ അവിടെ അത് ഗുണവും ദോഷവും ചെയ്യാം ഒരുവൻ ആത്മീയ കാഴ്ചപ്പാടുണ്ടെങ്കിൽ അവന് അത് ഗുണമായിരിക്കും സമൂഹത്തിന് ഗുണമായി അതില്ല എങ്കിൽ അതായത് ആത്മീയ മൂല്യങ്ങളിൽ അത് അധിഷ്ഠിതമല്ല ആത്മീയ മൂല്യം എന്ന് പറയും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നു നമ്മുടെ ചില കാഴ്ചപ്പാടുകളാണ് അതില്ലെങ്കിൽ പ്രവൃത്തി രംഗത്ത് വരുന്നു എന്താണോ അല്ലാതെ നമുക്ക് പ്രവർത്തിക്കാം അങ്ങനെ പ്രവർത്തിച്ചാൽ ആ പ്രവൃത്തി ദുഷ്ചിച്ച ഫലങ്ങളെ ഉണ്ടാക്കും എന്നാണ് നമ്മൾ പറയുന്നതിന് അങ്ങനെ ഒരർത്ഥമേ എടുക്കാൻ പറ്റുമല്ല ആ സമ്പത്ത് നേരിട്ടത് ഗുണമോ ദോഷമോ ഉള്ള അതിന്റെ വിനിയോഗമാണ് ഈ പറയുന്നതിന് അക്ഷരാർത്ഥത്തെ എടുക്കാൻ പറ്റില്ല ഇന്നും മനുഷ്യന്റെ എന്താണ് പ്രാഥമികമായ ഉത്തരവാദിത്വമാണോ സമ്പത്ത് ആർജിക്കുക ശരിയായി അത് വിനിയോഗിക്കുക രണ്ടിടത്തും വ്യവസ്ഥാപിതമായ രീതികളൊക്കെ ഇതിട്ടെന്ന് പറയും അത് ഇന്ന് ലോകത്ത് മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന പൗരധർമ്മമാണ് അതെ അത് പറയുന്ന ഒരു കാര്യമുണ്ട് അധികാരം സമ്പത്ത് ശക്തി ഇതെല്ലാം മനുഷ്യനെ ദുഷിപ്പിക്കാം എപ്പോ മനുഷ്യന് ഒരു ആത്മീയമായ ധാരണ ഇല്ലെങ്കിൽ അവിടെയാണ് ആത്മീയതയുടെ ആവശ്യം എന്ന് പറയുന്നത് മാനസികമായ ആത്മീയ ഭാവനകളുണ്ടെങ്കിൽ അത് അവനെ ദുഷിപ്പിക്കത്തില്ല സമ്പത്ത് തന്നെ ഒരാൾ ആർജിക്കും ആ സമ്പത്ത് എന്ന് പറയുന്നത് അയാൾ ഹിംസാത്മകമായ പ്രവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത് എങ്ങനെ ദോഷമാണ് സമൂഹത്തിനും ദോഷമാണ് അത് ശരിയാണ് ആത്യന്തികമായി ഇത് എവിടെ മനസ്സിൽ വരുന്നു ലോകത്തുള്ള തീവ്രവാദികളായിട്ട് നോക്കുക ഇവിടെ ഒരു സമ്പത്തൊക്കെ എന്ത് ചെയ്യുന്നു തീവ്രവാദത്തിൻ്റെ പരിശീലനത്തിനും അത് ഹിംസാത്മകമായ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്ത് വരുന്നു എല്ലാ രാജ്യങ്ങൾക്കും അതിനെ ചെറുക്കുന്നതിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കേണ്ടി വരും സാമ്പത്തിൻ്റെ വിനിമയ സാമ്പത്തിക വിനിമയം എന്ന് പറയുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിന് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നു അങ്ങനെ ഒരു എന്താണ് സാമ്പത്തിക സമ്മർദ്ദം എല്ലാ രാജ്യങ്ങളും അനുഭവിക്കുന്നു സമ്പത്തങ്ങനെ ചെലവഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് മറുഭാഗത്ത് നിന്ന് സമ്പത്ത് വിധ്വംസകമായ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുമ്പം വിധ്വംസക ശക്തികൾക്ക് ശക്തി കൂടിക്കൂടി കൂടി വരും അവരെ നേരിടാനുള്ള തയ്യാറെടുപ്പിന് വേണ്ടി എല്ലാവർക്കും സമ്പത്ത് വീണ്ടും സ്വരൂപിക്കേണ്ടി വരുന്നു അതിന് പ്രതിരോധിക്കാൻ വേണ്ടി ആവശ്യങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരുന്നു അപ്പോൾ രാജ്യ ഭരണാധികാരികൾക്കെല്ലാം സാമ്പത്തിക സമ്മർദ്ദം കൂടിക്കൂടി വരുന്നു ലോകം നേരിടുന്ന ഭീഷണികളാണ് അപ്പോ ആത്മീയത പരിഹാരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് പറയാൻ പറ്റില്ല ഏത് തരം ആത്മീയതയെന്നുള്ളതാണ് അതാണ് ഈ വിദ്ധോത്സവ പ്രവർത്തനങ്ങളിൽ സമ്പത്തിന് ഉപയോഗിക്കുന്ന ഒരു ആത്മീയതയുടെ പേരിൽ അവരുപയോഗിക്കുന്നത് അതവരുടെ ആത്മീയതയാണ് ഇവരെല്ലാം പറയുന്ന എന്താണ് ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ മതമാണ് ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ ആത്മീയതയാണ് അതിനു ഞങ്ങൾ നിലകൊള്ളുന്നത് അത് വിദ്ധംസവ പ്രവർത്തനങ്ങളായി അവരുടെ പ്രവൃത്തികളെ അവർ വിലയിരുത്തുന്നേയില്ല അവരെന്താ അവകാശപ്പെടുന്നത് ഇത്ര ഹിംസാത്മകമായ പ്രവൃത്തികൾ ചെയ്യുന്നത് പറയുന്നു ഞങ്ങളുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നതിൽ ഇറങ്ങി പുറപ്പെടുന്നത് വിനാശങ്ങളൊക്കെ ലോകത്ത് സൃഷ്ടിക്കുന്നത് വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അടിസ്ഥാനപരമായി അവിടെ ചെന്നിരിക്കുന്നു ആത്മീയതയിൽ തന്നെ മനുഷ്യൻ്റെ വിശ്വാസങ്ങളിൽ തന്നെയാണ് ഇന്നയിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും പ്രവർത്തിക്കുന്നു അതിന് അവരെന്ത് പ്രവർത്തി അപ്പൊ അവിടെയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വയലൻസും ആകാം എന്നൊരു നിലപാടെടുക്കുന്നു ഹിംസാത്മകമായ പ്രവൃത്തികളും ആകാം എന്നൊരു നിലപാടിലേക്ക് വരും അവിടെയാണ് പ്രഭം അപ്പൊ അതിനെ പ്രതിരോധിക്കുന്നതിന് ഹിംസാത്മകമായ പ്രവത്തിലേക്ക് പോകും മനുഷ്യൻ ആത്മീയതയിൽ നിന്ന് വയലൻസിനെ ഒഴിവാക്കുക അല്ലാതെ ഇതിന് യാതൊരു പരിഹാരവും ആര് ആരെന്നുള്ളതല്ല പൂച്ചയ്ക്ക് ആരാണ് മണി കിട്ടുന്നത് അങ്ങനെയല്ല ഇത് മനുഷ്യ സമൂഹം തന്നെ ഇതിലേക്ക് തിരിഞ്ഞാലേ ഇതിന് പരിഹാരം ഉണ്ടാവത്തു ആത്മീയതയിൽ വയലൻസിന് യാതൊരു സ്ഥാനവും പാടില്ല എന്നൊരു നിലപാടിലേക്ക് വന്നു അത് ആക്രമിക്കാനായാലും ശരി പ്രതിരോധിക്കാനായാലും ശരി രണ്ടു കൂട്ടരും പിന്മാറണം അക്രമികളുള്ളിടത്തോളം ഇവിടെ പ്രതിരോധം ഉണ്ടാവുന്നു പ്രതിരോധമുള്ളിടത്തോളം അക്രമണികളും അക്രമികളും ഉണ്ടാവും രണ്ടുപേരെ സ്വീകരിച്ചിരിക്കുന്ന എന്ത് വഴിയാണ് വയലൻസാണ് ഇത് നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മൾ ഹിംസയ്ക്കെതിരാണ് അല്ലേ നമ്മളെപ്പോഴാണ് ഹിംസയ്ക്കെതിരാകുന്നത് നമ്മളെ ആരെങ്കിലും കൊല്ലാൻ വരുമ്പോഴാണ് നമ്മൾ വിളിച്ചു പോകുന്നത് എന്നെ കൊല്ലല്ലേ അപ്പോഴാണ് നമ്മൾ ഹിംസയ്ക്കെതിരാകുന്നത് നമ്മളെ നമ്മളെ ശത്രുവിനെ കൊല്ലുമ്പോൾ നമ്മൾ ഹിംസയ്ക്കെതിരാണ് അപ്പോൾ കൊല്ലുന്നവരെ നമ്മളെ സംബന്ധിച്ച് വീര സ്വർഗത്തിലേക്ക് പോവുകയാണ് അത് ഹിംസയോടുള്ള ഒരു നിലപാടെയല്ല അഹിംസയുടെ നിലപാടല്ല അതല്ല അഹിംസ എന്ന് പറയും ഈ വയലൻസിന് ലോകത്ത് നിലനിർത്തുന്ന രണ്ട് പദ്ധതികളാണ് ഒന്ന് അക്രമം മറ്റൊന്ന് പ്രതിരോധം അപ്പൊ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാവുന്ന രീതിയിലേക്കും മനുഷ്യൻ മനുഷ്യർ ചിന്തിക്കുന്നുണ്ട് ലോകത്തല്ല ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്നതിന് കുറ്റമറ്റ ഒരു ആശയമോ ഒരു സംവിധാനമോ ലോകത്തിന് ഇതുവരെ രൂപപ്പെടുത്താൻ പറ്റിയിട്ടില്ല പക്ഷെ മനുഷ്യ ശ്രമിക്കുന്നുണ്ട് ശ്രമിച്ചാലും ഹിംസിംസ എന്ന് പറയുന്ന വയലൻസ് എന്ന് പറയുന്ന ഒരു ഒരു പ്രശ്നം അത് മനുഷ്യൻ്റെ ഇടയിൽ നിന്നും ശക്തമായി നിൽക്കുകയാണ് അതിനേറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവരാണത് മതങ്ങൾ ഈശ്വരനല്ല ഈശ്വരൻ ഇതുവരെ അറിയുന്നുണ്ട് ഈശ്വരൻ നിരപരാധിയില്ല മതങ്ങളാണ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത് തന്നെ ഒരാൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് ക്ലാസ് എടുക്കാൻ വന്നു സനാതനധർമ്മത്തെക്കുറിച്ച് അപ്പോൾ കഥയല്ല നേരത്തെ ജീവിച്ച കാര്യമാണ് എന്നെ ഒന്ന് ബോധവൽക്കരിക്കാൻ വന്നു കുറച്ച് പഠിപ്പുള്ള ആളാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നയാളാണ് അപ്പോ അയാൾ ഞാൻ ചോദിച്ചു എന്താണ് സനാതനധർമ്മം നിങ്ങൾ പറയുന്നത് ഞങ്ങൾ പറഞ്ഞു അഹിംസ നല്ല കാര്യം അഹിംസയാണ് സനാതനധർമ്മം അതിന് തർക്കമില്ലാത്ത തന്നെയാണ് അത് എന്നും സനാതനം എന്ന് വെച്ചാൽ എന്താണോ എല്ലാ കാലത്തും നിലനിൽക്കേണ്ട ഒരു ധർമ്മമാണ് അഹിംസ അപ്പോ എൻ്റെ ഒരു ചോദ്യം ഇതാണ് അത് നിലനിൽക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്നാണോ അതോ നിലനിന്നാണോ നിങ്ങളുടെ അവകാശം അപ്പോൾ പറഞ്ഞ അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇതാണ് ഇവിടെ നിലനിന്നത് ഇവിടെയാണ് കുഴപ്പം സനാതനധർമ്മം എന്ന് പറയുന്നത് എന്താണ് ഇതാണിവിടെ നിലനിന്ന ഇവിടെ നമ്മുടെ ഭാരതത്തിൽ നിലനിന്ന ഒരു ധർമ്മമാണ് അഹിംസ ഞാൻ ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് പുരാണ കഥകളുടെ അടിസ്ഥാനത്തിലാണോ അതോ എന്ന് വെച്ചാൽ നമ്മുടെ സാഹിത്യം അതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്ന് നമ്മുടെ ചരിത്രത്തിൻ്റെ വെളിച്ചത്തിലാണോ പറയുന്നത് ഇത് രണ്ടും ശ്രദ്ധിക്കുന്നു നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ നമ്മുടെ മുഖേരുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ ചരിത്രം അറിയപ്പെടുന്ന ചരിത്രം എന്ന് വെച്ച ഭരണാധികാരികളുടെയും രാജാക്കന്മാരുടെയും തലമുറകൾ കൈമാറുമെന്ന ചരിത്രം അതൊന്ന് മറ്റൊന്നെന്താണ് നമ്മുടെ പുരാണങ്ങൾ കഥകൾ സാഹിത്യ സെഷ്ടികൾ ഇത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഹിംസ നിലനിന്നു എന്ന് പറയുന്നത് രണ്ടിൻ്റെ അടിസ്ഥാനത്തിലൂടെ അഹിംസയാണ് നിലനിന്നത് ശരി ചരിത്രത്തിൽ എങ്ങനെ അഹിംസ നിലനിന്നു അതൊരു ബുദ്ധനുണ്ടായിരുന്നു ബുദ്ധൻ എന്തിനെ എതിർത്ത് അഹിംസ എന്തുകൊണ്ട് അഹിംസ എതിർത്ത് ബുദ്ധൻ ഹിംസ നിലതുന്നുകൊണ്ടാണ് അല്ല അഹിംസ എന്ന് പറയുന്ന ഒരു ഉട്ടോപ്പശയമല്ല ബുദ്ധൻ സ്വപ്നം കണ്ടതല്ല അത് ഹിംസ വ്യാപകമായതുകൊണ്ടാണ് ബുദ്ധൻ അഹിംസ എതിർത്ത് അപ്പൊ ബുദ്ധന്റെ കാലത്ത് തന്നെ നിലതുന്ന എന്താണ് അഹിംസയാണോ അഹിംസയാണോ ചരിത്രത്തിൽ അഹിംസ നേണോ നിലനിന്നത് പിന്നെ ബുദ്ധൻ്റെ ആവശ്യമില്ല ആ ബുദ്ധൻ അഹിംസയെക്കുറിച്ച് പറഞ്ഞത് ഹിംസ നിലനിന്നുകൊണ്ടാണ് പിന്നെ നമ്മുടെ ചരിത്രം നോക്കിയത് മൊത്തം ഹിംസയാണ് ഇനി കഥകൾ നമ്മുടെ പുരാണ കഥകളുണ്ട് അതിലഹിംസയുണ്ടായിരുന്നു അഹിംസ മൂല്യത്തെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് മൂല്യത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു മൂല്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതെന്താ നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ഞാൻ ചോദിച്ചു നിങ്ങളുടെ ദേവന്മാരും ദേവന്മാരും കൂടെ കൊന്നതിന്റെ കണക്കൊന്നെടുക്കുക കണക്കെടുക്കാൻ പറ്റും ആളൊന്ന് വിളറി വിളർത്ത് രാമൻ എത്ര പേരെ കൊന്നിട്ടുണ്ട് പിന്നെ ഓരോരുത്തരും പേര് ചോദിച്ചാൽ നിങ്ങൾക്കും പ്രയാസം വരും പിന്നെ ആയാളോട് ചോദിച്ച് ചോദ്യങ്ങളൊന്നും നിങ്ങളോട് ചോദിക്കും അല്ല നിങ്ങളും കൂടെ സ്വർഗത്തിൽ ജീവിക്കുന്നവരാണ് പുരാണങ്ങളിൽ എന്താണോ വയലൻസാണോ പറയുന്ന മുഴുവൻ അഹിംസ എന്ന് പറയുന്ന ആശയമുണ്ട് അതിനെന്താ അതുകൊണ്ട് എന്താ കഥ അപ്പൊ നിലനിന്ന ഒന്നല്ല നിലനിർത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്തുകൊണ്ട് നമ്മുടെ നേരെ വരുന്നു വരുന്നത് നമ്മൾ അഹിംസയെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഹിംസ നമ്മുടെ നേരെ വരുമ്പോൾ നമ്മൾ അഹിംസയ്ക്ക് വേണ്ടി വേണമുണ്ടാവും ഇത്രയൊക്കെയുള്ളൂ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മഹാഭാരതം നിരന്തരം പാരായണം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുകയും നിങ്ങൾ അഹിംസയുടെ വക്താക്കളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തന്മാരാണ് എന്നേ പറയാൻ പറ്റും എവിടെ അഹിംസ നിങ്ങൾ യുദ്ധങ്ങളുടെ ചരിത്രം നമ്മുടെ സാംസ്കാരിക സമ്പത്തായി കണക്ക് കൂട്ടുകയും അഹിംസയെക്കുറിച്ച് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ എവിടെയാ അഹിംസയുടെ സ്വയം മട്ടിയാവും ഇതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ബയസ്സുകളാണ് നമ്മുടെ മനസ്സിൻ്റെ അധികം കഴിഞ്ഞതിനകത്ത് യാതൊരു കഴമ്പും ഇല്ലാത്ത കാര്യങ്ങൾ അതുകൊണ്ട് എന്താണ് അഹിംസയിലേക്ക് എങ്ങനെ പോയത് ഞാൻ തന്നെ പോയി അതായത് ഇത് എന്ന് പറയുന്നത് എന്താണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചെറുപ്പം ഇതാണ് ആത്മീയത അഹിംസ എന്ന് പറയുന്നത് എന്താണ് മനുഷ്യൻ്റെ ഒരു ആത്മീയമായ നിലപാടാണ് അപ്പോൾ ആന്തരികമായി ആത്മീയമായ ആ ഒരു അഹിംസ എന്ന് പറയുന്ന നിലപാടുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ അത് പ്രതിഫലിക്കണം ഇതാ പറഞ്ഞു കൊണ്ട് നിങ്ങൾ വിഷയമെട്ടു പോരുന്നത് നിങ്ങളുടെ ആന്തരികമായി നിങ്ങൾ അഹിംസയുടെ വക്താക്കളാണെങ്കിൽ അങ്ങനെ ഒരു മൂല്യബോധം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കങ്ങനെ അഹിംസയിലേക്ക് കിടക്കാൻ കഴിയും കഴിയത്തില്ല ഉടനെ നിങ്ങൾ പറയും മറ്റുള്ളവർ ഹിംസകന്മാരാകുമ്പോൾ നമുക്ക് അഹിംസ ആകാൻ പറ്റില്ല അങ്ങനെയാണ് പിന്നെ നിങ്ങൾ അഹിംസയെക്കുറിച്ച് പറയരുത് അപ്പൊ അഹിംസ എന്ന് പറയുന്നത് എന്താണ് അത് ലോകത്തിൻ്റെ ചിന്താഗതിയായി മാറി അല്ല അത് എൻ്റെ നിന്റെ എന്നുള്ള പ്രശ്നമാണ് സമൂഹത്തിൻ്റെ ചിന്താഗതിയായി മാറും വരുമ്പോൾ മാത്രമേ സമൂഹത്തിൽ മാറ്റം അല്ല ഒരാൾ ഒറ്റയ്ക്കൊരു അഹിംസാവാദിയാകുക എന്നുള്ളതല്ല സമൂഹം അത്തരത്തിൽ പരിവർത്തനപ്പെടണം സമൂഹത്തിൽ ആ പരിവർത്തന സംഭവം അല്ലെങ്കിൽ നമ്മൾ അക്രമവും പ്രതിരോധവുമായി ഹിംസയുടെ വാല്യത്തൂങ്കിൽ ജീവിക്കും ഇതേ വിഷയം തന്നെ എല്ലായിടത്തും വരണം മനുഷ്യരിത് ഈ ഇരുപതാം നൂറ്റോണ്ടോടുകൂടി തന്നെ നമ്മുടെ ഭാരതത്തിൽ നമ്മളിപ്പോഴും ഈ ഒരുപാട് പഴഞ്ചൻ ആശയങ്ങളിൽ തൂങ്ങി ജീവിക്കുന്നതുണ്ട് നമ്മുടെ ഉള്ളിലേക്ക് അധികം വെളിച്ചം കിടക്കുന്നില്ല എന്നാൽ പാശ്ചാത്യ ലോകത്തൊക്കെ നമ്മൾ ഇതായിരിക്കും പോലെയല്ല അവർ ഇതിനെക്കുറിച്ചൊക്കെ പല പല ആശയങ്ങളും കൊണ്ടുവന്നു മനുഷ്യനെ എങ്ങനെ ആധുനിക ഒരു സമൂഹമായി പരിവർത്തനപ്പെടുത്താം അത് കുറ്റം അറ്റതെന്നല്ല പറയുന്നു അത് പുരോഗമ പുരോഗമനാത്മകമാണ് അപ്പോ രണ്ട് ദൗത്യമാണെന്ന് മനുഷ്യനോ ഒന്ന് ഈ മതത്തിന്റെ ഹിംസാത്മകതയിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്നു അത് മനുഷ്യൻ്റെ മനസ്സിൽ രൂഢം മൂലമാക്കിയത് മതങ്ങളാണ് എല്ലാ മതങ്ങളും പറയുന്ന എന്താണ് ശത്രുവിനൊക്കെ ഒന്നാം സ്വർഗത്ത് പോകാവുന്ന ഇതാണ് പ്രശ്നം അല്ലെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഇതെല്ലായിടത്തും ഉണ്ട് അപ്പൊ ഇത് മനുഷ്യൻ്റെ മനസ്സിൽ ഇരിക്കുന്നിടത്തോളം ലോകത്ത് അങ്ങനെ ആഹിംസുണ്ടാവും അതൊരിക്കലും ഉണ്ടാകത്തില്ല അപ്പൊ ആ പരിവർത്തനം എന്ന് പറയുന്നത് ആത്മീയ പരിവർത്തനമാണ് അഥവൻ്റെ മാനസിക ധാരണയായി വരണം അഹിംസ എന്ന് പറയുന്നത് സമൂഹത്തിൽ അത് വ്യാപിക്കണം ആശയം അപ്പൊ ഇതിനെതിരായിട്ട് അതായത് ഒരു ആധുനികമായ ആശയമാണ് ഒരുപാട് പേര് എന്താണ് ഈ അടുത്ത കാലത്ത് അതിനെക്കുറിച്ചൊരു സർവേ നടത്തിയപ്പോ ലോകത്തിലെ ചിന്തകന്മാർ അൻപത്തിയാറ് ശതമാനം അംഗീകരിച്ച ഒരു ആശയമാണ് സെക്കുലർ ഹ്യൂമനിസം കേട്ടിട്ടുള്ള കേട്ടിട്ടുകൂടി ആ വാക്കുപോലും കേട്ടിട്ടില്ലാത്ത മനുഷ്യൻ നിങ്ങളും ആത്മീയക്കാരാണ് എന്നാൽ ദോഷമുണ്ട് ദോഷമില്ലെന്ന് തന്നെ പറയാം ദോഷരഹിതമായ ഒരു ചിന്താഗതിയുടെ വക്താവായി മാറാൻ നമുക്ക് പറ്റത്തില്ല അങ്ങനെ ഒരുപാട് ആശയങ്ങൾ വരുന്നുണ്ട് മനുഷ്യൻ്റെ ഈ ഭ്രാന്തമായ ഹിംസാത്മക ചിന്തയിൽ മനുഷ്യൻ മനസ്സിന് മോചിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അവരൊക്കെ ഉദ്ദേശിക്കുന്നതാണ് എന്നാൽ സാമാന്യ ജനങ്ങളുടെ ഇടയിൽ ഇതിന് പ്രചാരം കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് നടത്തുന്നു ചിന്തകന്മാരാണ് ഇതിനെ അനുകൂലിക്കാത്തവർ ഇത് മോശം ആയതുകൊണ്ട് മാത്രമല്ല അവരുടെ കയ്യിൽ ബദൽ ചിന്തകളുണ്ട് അവരും ബദലുകളും നിർദ്ദേശിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ അടിസ്ഥാനം ഇത് തന്നെയാണ് ഹിംസാത്മകമായ മനുഷ്യൻ്റെ മനസ്സിനെ അതിൽ നിന്ന് മോചിപ്പിക്കും അത് നമ്മൾ നേരിടേണ്ടി വരുമ്പോഴാണ് അതിൻ്റെ അതിൻ്റെ തീവ്രത അതിൻ്റെ കഷ്ടപ്പാടും ഒക്കെ ഓർത്ത് നമ്മളെ വിലപിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഐ എസ് എൻ്റെ ഒരു പത്രക്കുറുപ്പ് വായിച്ച് ശരി അക്ഷരാർത്ഥം ഞാൻ ഞെട്ടിപ്പോയി അവർ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഈ ഇസ്രായേലിൽ നടത്തി പോലുള്ള ഒരു ആക്രമണം അധികം താമസിയാതെ ഇന്ത്യയിലും നടന്നു പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിലും നടത്തുക അതിനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് തീർച്ചയായും അവർക്ക് ശേഷിയുണ്ട് നടത്തിയാൽ നടത്തി കഴിഞ്ഞാൽ നമ്മൾ അറിയത്തുള്ളൂ ഒരു സംശയവും വേണ്ട ഇസ്രായേലിന് പോലെ ഒരു ശക്തമായ രാജ്യത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു എത്ര നിരപരാധികളായ മനുഷ്യരവിടെ മരിച്ച വീണ് ഇപ്പം മരിച്ചുകൊണ്ടിരിക്കും എന്താ അതിൻ്റെ അടിസ്ഥാന പ്രശ്നം എൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട എന്താണ് മതം മതമാണ് ഈ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ കൊലയ്ക്ക് എന്നും കാരണമായി കൊണ്ടിരിക്കുന്ന മതമാണ് അടിസ്ഥാന പ്രശ്നം മതമാണ് രണ്ട് വിശ്വാസങ്ങൾ തമ്മിലടിക്കണം രണ്ടു കൂട്ടർ ആവശ്യപ്പെടുന്ന ഞങ്ങൾ ശരിയുന്നു നമ്മൾ ഒരു ഭാഗത്തു നിന്ന് ചിന്തിക്കരുത് നമ്മൾ മതത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണം എന്നാലും ഇതിന്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവും മതം എന്ന് പറയുമ്പോൾ പിന്നെ അതിനോട് രാഷ്ട്രീയം ചെയ്യും സമ്പത്ത് ചേരും എല്ലാം അതിനോട് ചേരും കേവലം മതമൊന്നുമില്ല അതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യം നോക്കി മനസ്സിലാകുന്നത് അപ്പോ ആത്മീയത പരിഹാരമാണോ എന്ന് ചോദിച്ചു ആത്മീയത പരിഹാരമാണോങ്കിൽ ആത്മീയതയും പരിഷ്കരിക്കണം പ്രാകൃത ആത്മീയത പരിഹാരം ഇതൊന്നും പരിഹാരമേ ആത്മീയതയാണ് ഇതിൻ്റെ ആത്യന്തികമായ പരിഹാരം എന്ന് പറയുന്നത് അപ്പോ ആത്മീയതയെ എന്താണ് അഹിംസാത്മകമായി അതിനെ പരിവർത്തനപ്പെടുത്തണം അത് സമൂഹ മനസാക്ഷിയുടെ ഭാഗമായി മാറണം വ്യക്തികളിലിരുന്നാലും പറ്റത്തില്ല അപ്പൊ ഈ സെക്കുലർ ഹ്യൂമനിസം എന്നൊക്കെ പറയുന്ന ആശയത്തിനെതിരായി ചിന്തകന്മാർ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപം അത് പ്രായോഗികമല്ല എന്നാണ് അതിൽ ശരിയുണ്ട് കാരണം ഇന്ന് അങ്ങനെ ഒരു ആശയം സമൂഹം സ്വീകരിച്ചിട്ടില്ലല്ലോ സ്വീകരിക്കാതിരിക്കുന്നിടത്തോളം കാലം അത് അപ്രായോഗികം തന്നെയാണ് അതുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ല പക്ഷെ മനുഷ്യന്റെ മുമ്പിൽ വേറൊന്നുമില്ല ഇത്തരം ആശയങ്ങളല്ലാതെ ഇതൊന്നല്ല ഇതുപോലുള്ള ആശയങ്ങളല്ല ഈ മതനിരപേക്ഷത എന്ന് പറയുന്ന അതാണ് നമ്മൾ ധരിക്കുന്നത് പോലെയല്ല മതസ്വാതന്ത്ര്യത്തിൽ ഇല്ലാതാക്കുന്നതല്ല മതനിരപേക്ഷത എന്ന് പറയുന്നത് ഇത്തരം ഭ്രാന്തമായ മതാത്മക ചിന്തകളിൽ നിന്നും മനുഷ്യ മനസ്സിനെ മോചിപ്പിക്കുകയാണ് അതാണ് സെക്യുലറിസം എന്ന് പറയുന്നത് അത് നമ്മൾ തെറ്റിദ്ധരിച്ച ഒരു വാക്കാണ് നമ്മുടെ മതത്തെ എന്തോ നശിപ്പിക്കുന്ന ഒന്നാണ് അങ്ങനെ ഒന്നല്ല അപ്പോ മതത്തിന്റെ ഭാഗമായി ഇത്തരം ഭ്രാന്തമായ ചിന്തകളിക്കുമ്പോൾ മനുഷ്യനെ അതിൽ നിന്നും മോചിപ്പിക്കുക എന്നുള്ളതാണ് ചുരുക്കത്തിൽ എന്താണ് ഈ ആത്മീയതയുടെ മാനം എന്ന് പറയുന്നത് ഒരുപാട് വികസിച്ചാലേ അതുകൊണ്ട് സമൂഹത്തിനും മനുഷ്യൻ സമൂഹത്തിന് ഗുണമുണ്ടാവും അല്ലാതെ നമ്മൾ പറഞ്ഞാൽ നമ്മളിപ്പോ അഹിംസ എന്ന് പറയുന്ന ഒരു മൂല്യം നമുക്കുണ്ടെന്ന് പറയുന്നു അതും തികച്ചും അപ്രായോഗികമാണ് അഹിംസ എന്ന് പറയുന്ന ഒരു മൂല്യത്തിൻ്റെ വക്താക്കളായി നമ്മൾ ഇരിക്കുകയും നമ്മൾ ആവശ്യത്തിന് ഹിംസ പ്രവർത്തിക്കുകയും ചെയ്യും അപ്പൊ അതുകൊണ്ടെന്താ പറയുക അപ്പോൾ ഈ ഒരു വിഷയം എന്ന് പറയുന്നത് കേവലം ഒരിടത്തല്ല എല്ലാ രംഗത്തും ആത്മീയമായ പരിഷ്കാരം ആത്മീയമായ കാഴ്ചപ്പാടുകൾ വരേണ്ട മാറ്റം അതാണ് അത് അത് തൽക്കാലമ പ്രായോഗികമാണ് കാരണം അതിനുവേണ്ടി മനുഷ്യൻ മാറ്റം വന്നാലേ പറ്റും പക്ഷേ അതാണ് അതിൻ്റെ പരിഹാരം ഭാവിയിലെ പരിഹാരം അതാണ് അപ്പം നിങ്ങൾ ഒരുപാട് മൂല്യങ്ങൾ ഞാൻ കൊണ്ട് സനാതന മൂല്യങ്ങളെന്ന് പറഞ്ഞാൽ അതുമെല്ലാം നിഷ്പ്രയോജനമാണ് ഏത് മൂല്യ നിങ്ങൾ ശരിയായി ഉപയോഗിക്കുന്നു ഒരു മൂല്യത്തിൻ്റെതായി പറയാം എന്ന് സത്യം ഞങ്ങളുടെ മൂല്യമാണ് ശരിയാണ് നിങ്ങളുടെ മൂല്യമാണ് സത്യം പക്ഷേ എന്ത് വരും നമ്മുടെ ലാഭത്തിന് വേണ്ടി നമ്മുടെ നേട്ടത്തിന് വേണ്ടി നമ്മളെന്ത് ചെയ്യും നമ്മളെന്താ ചെയ്യും സത്യത്തെ ബലികഴിക്കും അവിടെ നമ്മളെന്ത് ചെയ്യും സത്യം നമ്മുടെ മൂല്യബോധമാണ് പക്ഷേ അസത്യത്തെ നമ്മൾ എന്ത് ചെയ്യും ന്യായീകരിക്കും ആണോ അല്ലേ അസത്യത്തെ നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് സത്യത്തെ ഒരു മൂല്യബോധമായി നിലനിർത്തുന്നത് മനുഷ്യനെന്താ ആത്മീയത ഇതൊക്കെ നമ്മുടെ പരാജയമാണ് ആത്മീയതയുടെ പരാജയമാണ് വേണ്ടത് ആ സമ്പത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് ഇവിടെ പറയുന്നത് എന്താണ് കദർത്ഥത അവിടെ നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോയത് സമ്പത്ത് ദുഷിച്ച ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ ദുരുപയോഗമാണ് ദുഷിച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ സതുപയോഗം എന്ന് പറയുന്നത് എന്താണ് മനുഷ്യൻ്റെ ജീവിത നിലവാരങ്ങൾ മനുഷ്യ ജീവിതത്തെ മെച്ചപ്പെടുത്തുക അപ്പൊ സമ്പത്തെന്നുള്ളതല്ല മുഖ്യമായ പ്രശ്നം ഇതിൻ്റെ എന്താണ് മുഖ്യമായ പ്രശ്നം എന്ന് പറയുന്നത് സമ്പത്തിൻ്റെ വിനിയോഗമാണ് അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതെങ്ങനെ ആർജിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ് അതെങ്ങനെ വിനിയോജിക്കുന്നു എന്നുള്ളതും അതാണ് അതുകൊണ്ട് ഇതൊക്കെ പറയുമ്പോൾ നമ്മളത് ആ രീതി മനസ്സിലാവും പക്ഷേ അന്ന് മനുഷ്യൻ അങ്ങനെ എന്ന് ചിന്തിക്കാനുള്ള ശേഷി ഈ ഈ കാലത്തൊന്നും അന്ന് സമ്പത്തിൻ്റെ അധികാരിയായി കരുതിയിരുന്ന ഒരു വ്യക്തിയാണ് രാജാവാണ് സമ്പത്തിൻ്റെ അധികാരി അങ്ങനെയൊക്കെ ഇന്ന് പ്രായോഗികമല്ലെങ്കിലും തത്വത്തിലല്ലെങ്കിലും ഇന്ന് സമ്പത്തിൻ്റെ അധികാരിയായി കണക്കാക്കുന്ന ജനങ്ങളെയാണ് വ്യത്യാസം അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടെ അന്ന് അന്ന് സമ്പത്ത് രാജാവിൻ്റെ കയ്യിൽ ഒരുപാട് സമ്പത്ത് വന്നാലും അതുകൊണ്ട് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടണമെന്നൊന്നുമില്ല കാരണം അതിൽ ജനങ്ങൾക്ക് അവകാശമില്ല ജനങ്ങളുടെ അവകാശികളാണ് രാജാവിൻ്റെ സ്വത്തിന് ആരാണെന്ന് അവകാശം ആരാണ് രാജാവിൻ്റെ സ്വത്തിനെന്ന അവകാശി ആരാണ് അനന്തരവകാശികളാണ് എല്ലാ സ്വത്തിനും രാജ്യത്തിനുമൊക്കെ അവ അവകാശികളായി വരുന്നത് അനന്തരാവകാശികളാണ് ജനങ്ങളല്ല അപ്പോ ഒരു രാജാവ് ഇനി സമ്പത്തൊക്കെ ഒരുപാട് സമ്പത്തി സഞ്ചയിച്ചു വന്നിരിക്കട്ടെ അനന്തരാവകാശികൾക്ക് അത് ദൂർത്തടിച്ചും ജീവിക്കാം ഒരു കഷ്ടപ്പാടും കൂടാതെ ഇന്നങ്ങനെ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ് ടാറ്റയുടെ ഒരു ഓഹരി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളും കുറച്ചതിന് അവകാശിയാണ് ടാറ്റ മാത്രമല്ല ചെറിയ രീതിയിലെങ്കിലും ആ രീതിയിൽ സമ്പത്തിൻ്റെ വിനിയോഗത്തിന് ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ നിന്നുകൊണ്ട് പഴയ ചിന്തകൾക്കൊന്നും വലിയ അർത്ഥമില്ല ഇന്ന് ഒരു വ്യക്തി തന്നെ ഒരുപാട് സമ്പത്ത് സമ്പാദിച്ചു കഴിഞ്ഞാൽ അത് ആ സമ്പത്തിൻ്റെ വിനിയോഗം എന്ന് പറയുന്നത് എന്താണോ ജനങ്ങളുടെ കയ്യിലേക്ക് സമ്പത്ത് വരുത്തക്ക അവർക്ക് ഉപയോഗിക്കാൻ കഴിയും തൊഴിൽ സ്ഥാപനങ്ങളായും സംരംഭങ്ങളായും ഒക്കെ പഴയ ആ കാഴ്ചപ്പാടെല്ലാം തന്നെ മാറിപ്പോയി അത് ജനങ്ങൾക്കും അതുകൊണ്ട് ഗുണം അത് കേവലം ഒരു വ്യക്തിയിൽ മാത്രമേ ഇന്ന് സമ്പത്ത് ഒതുങ്ങുന്നുണ്ട് ആ സമ്പത്തിൻ്റെ വിതരണ ശൃംഖല എന്ന് പറയുന്നത് ലോകം മുഴുവൻ വ്യാപിക്കുകയാണ് അങ്ങനെ മാറുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് സമ്പത്തിനെ കുറിച്ച് കതർത്ഥത എന്ന് പറയുന്നതിന് വലിയ കാര്യമൊന്നും ഇല്ല പക്ഷേ ദോഷഫലങ്ങൾ ഇന്നുമുണ്ട് അടുത്തു നോക്കപ്പം ഉല്ലാസ ബഹുളാനന്ദ കല്ലോല അനലം കള്ളോലാൻ അലമാകുലാൻ വായിക്കുന്നത് ശ്രദ്ധിക്കും ജടാൻ പ്രവഹതി ഭാരാൻ പ്രാവശ്യീവ തരങ്കിണി പ്രാവശ്യ തരംഗിണി ഇവ തരങ്കിണി എന്നൊരു നദി പ്രാവശ്യം എന്ന് വെച്ചാൽ വർഷകാലത്ത് വർഷകാലത്തേക്ക് എന്താണ് കാണുന്നത് ജലം മാത്രമല്ല അതിൻ്റെ കല്ലും മരങ്ങളും വീടും എന്തെല്ലാം സാധനങ്ങൾ അധികം ഉള്ള പൊക്കത്തിൽ ജഡാൻ പ്രവഹതി ജഡെന്ന് വെച്ചാൽ ജലമൊഴികെയുള്ള വസ്തുക്കൾ നിരവധി വസ്തുക്കളെ അത് വഹിച്ചുകൊണ്ടുപോവുകയാണ് അങ്ങനെയാണ് കാണുന്നത് അതുപോലെ എന്താണ് പറയുന്നത് ഉല്ലാസ ബഹുള ബഹുലാൻ അനന്തകല്ലോലാൻ അല ആകുലാൻ പര്യാപ്തമായ ദുഃഖത്തെ നൽകുന്നതായ അലമാകുലാൻ ഒരുപാട് മനുഷ്യർ ദുഃഖത്തെ കൊടുക്കുന്നതായ ഉല്ലാസ ബഹുളാൻ എന്നാണ് അനന്തകല്ലോലാൻ എന്നാണ് ഉല്ലാസ ബഹുളങ്ങളായിരിക്കുന്നതെന്ന് വെച്ച് എന്താണ് നമ്മൾ പറയുന്നത് നദിയുടെ ഒഴുക്കിനെക്കുറിച്ച് പറയുകയാണ് അത് എന്താണ് അലറിപ്പാഞ്ഞ് ഒരു നദി ഒഴുകുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അത് ഉല്ലാസ ഒഴുകുന്നു എന്ന് വെച്ചാൽ വലിയ തിരമാലകളോടുകൂടി വലിയ വേഗത്തോടുകൂടി എല്ലാത്തിനും നശിപ്പിച്ചുകൊണ്ട് അനന്ത കല്ലോല അനന്ത കല്ലോലങ്ങളോടുകൂടി കല്ലോലം തിരമാലകളോടുകൂടി വെള്ളപ്പൊക്കം അങ്ങനെയാണല്ലോ ഇന്നും വന്നു മനുഷ്യൻ ഒരുപാട് ദുഃഖങ്ങളുണ്ടാക്കി അതിങ്ങനെ ഒഴുകുന്നു ആ ജലത്തെ മാത്രമല്ല വഹിക്കുന്നത് ജലഭിന്നമായ ഒരുപാട് ബസ്സുകൾ വീടുകളെയൊക്കെ എടുത്തുകൊണ്ടുപോകുന്നു ഇപ്പം ഒരു വെള്ളപ്പൊക്കം നടക്കുന്നുണ്ടല്ലോ സിക്കിമിൽ അതിൻ്റെയൊക്കെ ന്യൂസിൽ കാണും വലിയ വലിയ വീടുകളെയൊക്കെ എടുത്തുകൊണ്ടുപോകുന്നു മനുഷ്യരെയൊക്കെ എടുത്തുകൊണ്ടുപോകുന്നു സ്ഫാരാൻ വളരെ എന്താണ് വിസ്തൃതങ്ങളായ ദുഃഖങ്ങളെ പ്രദാനം ചെയ്തുകൊണ്ട് വെള്ളപ്പൊക്കത്തിൽ നദി ഒഴുകുന്നത് പോലെയാണ് ഐശ്വര്യം എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ ഒരു ഭാഗം മാത്രം നോക്കിയിട്ട് പറയുകയാണ് ഐശ്വര്യം മനുഷ്യന് ദുഃഖത്തെ മാത്രം കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെ അവസ്ഥ ഇല്ലെന്നല്ല ഇത് നമ്മളിന്ന് ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ നെഗറ്റീവായ കാഴ്ചപ്പടർന്നു സമ്പത്ത് അത് മാത്രമാണോ ചെയ്യുന്നു വെള്ളപ്പൊക്കം പോലെ സർവവും നശിപ്പിച്ചുകൊണ്ട് ഒഴുകുന്ന ഒരു നദിയെ പോലെയാണോ സമ്പത്തിൻ്റെ പ്രവർത്തനമല്ല അങ്ങനെയല്ല ഒരു വൈരാഗ്യ ദൃഷ്ടിയിൽ പറയുകയാണ് വൈരാഗ്യ ദൃഷ്ടിയിലായാലും ശരി അത് ഭാഗികമായി ശരിയുണ്ട് സമ്പത്ത് മനുഷ്യന് ദോഷം ചെയ്യുമ്പോൾ സമ്പത്താണല്ലോ ഈ ആയുധങ്ങളെയൊക്കെ സംഭരിച്ച് മനുഷ്യനെ കൊല്ലുന്ന സമ്പത്ത് തന്നെയാണ് ആ ഒരു ഭാഗത്തിൽ ഇത് ശരിയാണ് പക്ഷെ മനുഷ്യൻ്റെ പ്രാഥമികമായ ജീവിത ആവശ്യങ്ങളെല്ലാം നിറവേറ്റി മനുഷ്യൻ്റെ ജീവിത നിലവാരത്തെ ഉയർത്തുന്നതും എന്താണ് സമ്പത്ത് തന്നെ എൻ്റെ അടിസ്ഥാനം അപ്പൊ സമ്പത്തിനെ അങ്ങനെ കാണാൻ പറ്റത്തില്ല പക്ഷെ മനുഷ്യ സമൂഹത്തിൽ അസ്ഥിരത മാത്രമുള്ളിടത്ത് സമ്പത്ത് ഇങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് മനുഷ്യജീവിതത്തിൽ സാമൂഹികമായ ഒരു സ്ഥിരതയുണ്ടെങ്കിൽ അവിടെ സമ്പത്ത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അതിൻ്റെ വ്യത്യാസമാണ് കാലം മാറുമ്പോൾ വരുന്ന വ്യത്യാസമാണ് രാജാധിപത്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും വ്യത്യാസമാണ് ഇപ്പോൾ ഈ വിവേകം എന്ന് പറയുന്നത് മനുഷ്യരിൻ്റെ തിരിച്ചറിവ് എന്ന് പറയുന്നത് അത് ചുരുക്കം ചില വ്യക്തികളിൽ അല്ലെങ്കിൽ പണ്ഡിതന്മാരിൽ ഇരിക്കുന്നതാണ് പ്രാചീന കാലം എന്ന് പറയുന്നത് ഇപ്പോൾ ആധുനിക കാലം എന്ന് പറയുന്നതാണ് എന്താണ് അത് സാമാന്യ ജനങ്ങളിൽ എത്തിച്ചേരുന്നതാണ് ആധുനിക കാലം എന്ന് പറയുന്നത് രണ്ടും വ്യത്യാസം മറ്റത് പണ്ഡിതന്മാരുടെ കയ്യിലേ ഉള്ളൂ എന്തത് ഇവിടെ പറയുന്ന വിവേകവും മറ്റ് സാമാന്യ ജനങ്ങൾക്കതില്ല അവരും മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്നു ഇന്നങ്ങനെയല്ല അത് സാമാന്യ ജനങ്ങളെ എത്തിച്ചേരുന്നു എന്ന് വിചാരിച്ചത് പൂർണ്ണമെന്നല്ല പറയുന്നു പൂർണ്ണത ഒന്നിലുമില്ല ഒരു കാലത്തുമല്ല ഒരു ആശയത്തിലുമില്ല ഒരു പ്രവൃത്തിയിലുമില്ല ഒരു വ്യക്തിയിലുമില്ല അത് നമ്മൾ ഉൾപ്പെണ്ടുകൊണ്ട് തന്നെ ഇതൊക്കെ ചിന്തിക്കേണ്ടത് പക്ഷേ ഇന്ന് സാധാരണ മനുഷ്യനും എന്തുണ്ട് വിവേകമുണ്ട് അവനും ഐശ്വര്യമുണ്ടെന്ന് വെച്ചാൽ സമ്പത്ത് അധികാരം ശക്തി ഇതൊക്കെ സാധാരണ മനുഷ്യൻ്റെ കയ്യിലും ഉണ്ട് അത് വരുമ്പോൾ അത് പഴയതുപോലെ അല്ല അങ്ങനെ കാണാൻ പറ്റില്ല അതിന് കേവലം നിഷേധാത്മകമായ ഒരു ലക്ഷണ അതിന് പോസിറ്റീവായ ഭാഗങ്ങളുമുണ്ട് ഇതൊക്കെ പറയുമ്പോൾ എന്താണ് ഇതുകൂടെ മനസ്സിലാകണം പഴയ പുസ്തകങ്ങളെടുത്ത് വെച്ചിട്ട് ശ്ലോകം വായിച്ച പറയുന്നത് എന്തോ മഹത്തായ കാര്യമെന്നാണ് ഇന്നും മൂടസ്വർഗത്തിൽ ജീവിക്കുന്ന ആൾക്കാർ വിശ്വസിക്കുന്നു അങ്ങനെയല്ല അതിലുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം അതിലുള്ള അബദ്ധങ്ങളെ തിരിച്ചറിയണം രണ്ടുമുണ്ട് ചിന്ത ദുഹിതരോ ബഹ്യു ഭൂരി ദുർദളിത് രേധിത ചഞ്ചല പ്രഭോന്തി അസ്യതരങ്ക സരിതോ യഥ സരിത്തിൻ്റെ ഉദാഹരണം കൊടുക്കുകയാണ് നിരവധി ഉദാഹരണങ്ങൾ കൊടുക്കുന്നതാണ് സരി ജലം അതിന് കാരണം പറയുന്നത് കാശ്മീരിൽ ജീവിച്ചിരുന്ന ഒരു പണ്ഡിതന് എഴുതിയാണ് അവിടെ ധാരാളം തടാകങ്ങളും ഒക്കെയുണ്ട് അതുകൊണ്ടാണ് ഈ തടാകത്തിന്റെ മറ്റു ഉദാഹരണം ഒരുപാട് കൊടുക്കുന്നതെന്ന് തരംഗ സരുതോ യഥ ഒരു തടാകത്തിലെ തരംഗങ്ങളെപ്പോലെ എന്താണ് സ്ത്രീയെക്കുറിച്ച് പറയുകയാണ് ചിന്ത ദുഃഖിതരോ ബഹ്യ ചിന്താ ദുഃഖിതരോ ചിന്താ സന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഐശ്വര്യ ചിന്തകൾ അതും എന്താണ് മനുഷ്യന്റെ ഐശ്വര്യ ചിന്തകൾ ഒരിക്കലും ദോഷമല്ലേ ആർക്കായാലും ശരി ഭൗതികമായും ജീവിക്കുന്നവർക്കായാലും ശരി ആത്മീയമായി ജീവിക്കുന്നവർക്കായാലും ശരി ഐശ്വര്യ ചിന്തകൾ നല്ലതാണ് ഇന്ന് മനുഷ്യന് നല്ല രീതിയിൽ ധനം സമ്പാദിക്കുന്നതിനും സുഖകരമായി ജീവിക്കുന്നതിനും പറ്റി ഏറ്റവും നല്ല വഴി എന്താണ് എന്താണ് മനസ്സിലാവുന്നു ആത്മീയത ഇതെൻ്റെ അഭിപ്രായമാണ് ഒരു പ്രസിദ്ധനായ ഒരു ആത്മീയ പ്രഭാഷ തന്നെ അടുത്ത കാലത്ത് പറഞ്ഞു ഞാൻ കേട്ടതാണ് അതൊരു മോശമായ അർത്ഥത്തിലല്ല നിങ്ങൾക്ക് ആത്മീയതയിൽ സമ്പാദിക്കാം ആത്മീയതും സുഖമായി ജീവിക്കാം അനന്ത കുഴപ്പം അനന്ത ദോഷമുണ്ട് സമ്പാദ്യം മോശമായ കാര്യമൊന്നുമില്ല നല്ല രീതിയിൽ സമ്പാദിക്കുന്ന ഒന്നേ ഏറ്റവും നല്ല വഴിയൊന്നാണ് അദ്ദേഹം എന്താണ് ആൾക്കാരെ ആഹ്വാനം ചെയ്യുകയാണ് നിങ്ങൾ ആത്മീയതയിലേക്ക് വരുക ആത്മീയത എന്ന് പറയുന്നത് പഴയതുപോലെ ഇക്ഷാപാത്രം കൊണ്ട് നടക്കുന്നതല്ല ഇന്നത്തെ ആത്മീയത നിങ്ങൾക്കിവിടെ സമ്പത്തും ഉണ്ടാകും സുഖകരമായ ജീവിതം ഉണ്ടാവും ഇത് മറച്ചു വെച്ചിട്ടുണ്ട് വൈരാഗ്യം ത്യാഗം മണ്ണാങ്കട്ട എന്നും പറഞ്ഞു ആൾക്കാരെ പറ്റിക്കരുതെന്നുള്ളതേ ഉള്ളൂ അതൊരു കാര്യമില്ല ഇപ്പോഴും യൂട്യൂബിലുണ്ട് ആ പ്രസംഗം വളരെ സത്യസന്ധനായി എനിക്ക് തോന്നി ഉള്ള കാര്യങ്ങൾ അതിൽ ഒരു കാപ്പട്ടിയുമില്ല ആത്മീയത ലോകത്ത് നിന്നിപ്പോൾ അങ്ങനെ തന്നെ അടങ്ങുന്നു ഇന്ന് ഈ മതിർക്കെട്ടിന് പുറത്ത് ജീവിക്കുന്നവർ നിങ്ങളെപ്പോലെ സ്വസ്ഥമായി സമാധാനമായും സന്തോഷമായും ജീവിക്കുന്നുണ്ടോ ഉണ്ടോ ഇല്ലേ എന്തൊക്കെ കഷ്ടപ്പാടാണ് അവർ നിങ്ങൾക്ക് അതുകൊണ്ടും ഉണ്ട എന്താ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സമാധാനപരമായ ജീവിതം തന്നെ എന്താണ് അപ്പൊ അതിന് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്ന എന്താണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി നിലനിൽക്കുന്ന എന്താണ് സമ്പത്ത് തന്നെയാണ് ഒരു സംശയം വേണ്ട നിങ്ങളാരും അംഗീകരിക്കുന്നില്ലെങ്കിലും ഞാനത് അംഗീകരിച്ച് ജീവിക്കുന്ന ആളാണ് എന്റെ ജീവിതം സ്മൂത്തായി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്താണ് സമ്പത്ത് തന്നെയാണ് ഒരു സംശയമല്ല നിങ്ങൾക്കതൊക്കെ അംഗീകരിക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ ആത്മീയ വിഭ്രാന്തികൾ തടസ്സം നന്ദി എനിക്ക് എങ്കിലും ഒരു വിഭ്രാന്തിയും തികഞ്ഞ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പറയുകയാണ് അപ്പോ എന്താണ് അവിടെ പറയുന്നു ചിന്താ ദുഹിതരോ ദുഹിത എന്ന് പറഞ്ഞാൽ അറിയാൻ പുത്രി ചിന്താസന്ധാനങ്ങൾ ബഹ്യുഹ ഭൂരി ദുർലിത രേതിഥ അതെങ്ങനെ ഒരുപാട് ലാളിച്ച് വളർത്തിയ ദുർലാളന കൊണ്ട് വളർത്തിയവരാണ് ദുർലിത ദുർലാളനകളാൽ ഏധിത വളർത്തിയവരാണെന്ത് ചിന്താസന്താനങ്ങൾ ഇതെന്ത് ചിന്താസന്ധാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഐശ്വര്യ ചിന്തകളെ എന്താ ഐശ്വര്യ ചിന്ത മോശമാണ് ഐശ്വര്യ ചിന്ത എന്ന് പറയുന്ന ഒരിക്കലും മോശമല്ല കാരണം പ്രവൃത്തി എന്ന് പറയുന്നതിന്റെ വിശേഷിച്ച കാലത്ത് അടിസ്ഥാനം എന്താണ് സമ്പത്ത് നമ്മൾ പ്രോജക്ടുകളും പദ്ധതികളും ഒക്കെ വെച്ചാൽ എന്ത് കണ്ടുകൊണ്ടാണ് ഇതൊക്കെ എന്ത് കണ്ടുകൊണ്ട് സമ്പത്ത് ഇപ്പൊ സാമ്പത്തിക ചിന്ത എന്ന് പറയുന്നത് എന്താണ് ഇവിടെ പറയുന്നത് മോശമാണെന്നാണ് ചഞ്ചല ഇതൊക്കെ ക്ഷണികമാണ് എന്താണ് പ്രഭവന്തി അതൊക്കെ നശിച്ചു എന്നാണ് അങ്ങനെ നശിക്കുന്നത് സാമ്പത്തിക ചിന്ത പറയുന്ന ഐശ്വര്യ ചിന്ത അങ്ങനെ നശിച്ചു ഇത് പഴയ കാലത്ത് പറയുന്നതാണ് നമുക്ക് പുതിയ കാഴ്ചപ്പാട് വേണമെന്നാണ് ഞാൻ പറഞ്ഞു പഴയ കാലത്ത് ശരിയാണ് സമ്പത്ത് എന്തുകൊണ്ട് അസ്ഥിരമാകുന്നു എന്തുകൊണ്ടാണ് കൈക്കുള്ളവൻ കാര്യത്തിറങ്ങൾ ആർക്കാണോ ശക്തിയുള്ളത് സമ്പത്ത് അവൻ്റെ ഇരിക്കുക അപ്പം ആർക്ക് സമ്പത്ത് ഏത് സമയം പിടിച്ചു വാങ്ങണം പിടിച്ചെടുക്കണം അപ്പൊ അതാണ് പറയുന്നത് സമ്പത്ത് അസ്ഥിരമാണ് എപ്പോഴാണ് ഇതൊക്കെ നഷ്ടപ്പെടുന്നതെന്ന് അറിയാൻ പറ്റില്ല ഇന്നും അതെല്ലാം കുറേയൊക്കെയുണ്ട് ഇന്നത്തെ ലോകം എന്താണോ സ്വപ്ന സുന്ദരമെന്നൊന്നും അല്ല പറയുന്നു മെച്ചപ്പെട്ടെന്നാണ് പറയുന്നു അല്ല ഇതിലൊക്കെയുള്ള അമിതമായ ആത്മവിശ്വാസം കൊണ്ട് പറയുന്നതല്ല ഇന്ന് അങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റും ഞങ്ങളെ ഇരിക്കുന്ന സമ്പത്ത് അടുത്തുള്ളവന് പിടിച്ചെടുക്കാൻ കുറച്ച് പ്രയാസപ്പെടേണ്ടി വരും അങ്ങനെ പിടിച്ചെടുക്കാൻ ഒരാൾ നമുക്ക് തടയാനും ശ്രമിക്കാം അന്നതൊന്നുമില്ല കൈക്കുള്ളവൻ കാര്യക്കാരണം എന്ന് പോയി ഏതും ഏത് സമയം എല്ലാം പറയുന്നത് ഈ സാമ്പത്തിക ചിന്തകളെല്ലാം എന്താണ് അസ്ഥിരമാണ് ആ കാലത്ത് ശരിയാണ് ഏതുപോലെ സരിതഹ തരംഗായുവ ഒരു തടാകത്തിലെ തരംഗങ്ങൾ എന്താണ് അതിന് ഒരു നിമിഷമേ ആയുസ് എന്നാണ് അതുപോലെയാണോ സാമ്പത്തിക ചിന്തകളെല്ലാം ശരിയായ പ്ലാനുകളും ആസൂത്രണങ്ങളും പദ്ധതികളും കൊണ്ടാണ് ഇന്ന് സാമ്പത്തിക രംഗം തന്നെ അഭിവൃദ്ധിപ്പെടുന്നത് ആ സാമ്പത്തിക രംഗം അഭിവൃദ്ധിപ്പെടുന്നുകൊണ്ടാണ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെടുന്നത് അപ്പൊ അതിനെ ചഞ്ചലം എന്ന് അങ്ങനെ പറയാൻ പറ്റും പറയാൻ പറ്റത്തില്ല ആത്മീയമായി പോലും ആ കാഴ്ചപ്പാടുകൾ ഇന്നത്തെ കാലത്ത് യോജിച്ചു നമ്മൾ മൂടസ്വർഗത്തിൽ ജീവിക്കരുത് അതിനുവേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് ഇന്നങ്ങനെയല്ല സമൂഹം മാറുന്ന അങ്ങനെയല്ല നമ്മൾ മാറുന്ന അങ്ങനെയല്ല നമ്മൾ ആശ്രയിക്കുന്നത് സമ്പത്തിന് തന്നെയാണ് ഒരു സംശയം വേണ്ട പക്ഷേ നമ്മൾ അറിയാതെ തന്നെ സൂക്ഷിക്കുന്ന ഒരു ആത്മീയ ജടത നമ്മുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഇതിനെയൊക്കെ പരസ്യമായി അത്യാഗിയാണ് വൈരാഗ്യമാണ് എന്നൊക്കെ പ്രഖ്യാപിക്കും അതിനുവേണ്ടി തല മുട്ടയടിക്കുകയും പെയിന്റ് അടിക്കുകയൊക്കെ ചെയ്യും അതിനൊന്നും യാതൊരു കാര്യമില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് മനുഷ്യൻ സമ്പത്തിൻ്റെ കണക്കൂട്ടൽ തന്നെയാണ് ഇന്ന് ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവന് മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങളൊരു വ്യക്തി എന്നുള്ളതിനൊക്കെയായാലും ശരി ഒരു പ്രസ്ഥാനം എന്നുള്ളതിനൊക്കെ ശരി സാമ്പത്തിക ചിന്തയില്ലെങ്കിൽ ഇന്ന് ആത്മീയതയും ഒരിക്കലും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്നാണ് അത് ബോധപൂർവം അംഗീകരിച്ച് തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത് അപ്പോ ഇത് അക്ഷരാർത്ഥത്തെ നമുക്കെടുക്കാൻ പറ്റില്ല എന്നാണ് അപ്പോൾ ആത്മീയ ചിന്തകളെ സാമ്പത്തിക ചിന്തകളും ആയിട്ട് കൂട്ടി പിണഞ്ഞാണ് കിടക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ എന്താണ് ഈ പറയുന്നത് എന്താണ് ചിന്താഹിതര ഭക്ഷ്യം ചഞ്ചല ഇതൊക്കെ നശുപോ എന്നാണെന്ന് പറയുന്നത് ഇന്ന് വലിയ പ്രസക്തിയൊക്കെ ഇപ്പൊ സാമ്പത്തികത്തെക്കുറിച്ച് ഇത്രയും മതി ഇനി അടുത്ത വിഷയത്തിലേക്ക് നോക്കുമ്പോൾ അടുത്ത വർഷം ഇതിന് പറയാനുള്ളൊക്കെ പറഞ്ഞു കഴിഞ്ഞെന്നാണ് എൻ്റെ ഒരു ധാരണ